പറയുക തീർച്ചയായും എൻറെ രക്ഷിതാവ് തൻറെ ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും ചിലർക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ എന്തു ചിലവഴിച്ചാലും അവൻ അതിനു പകരമായി നൽകും അവൻ ഏറ്റവും ഉത്തമനായ ഉപജീവിതാവാണ്